പലതരത്തിലുണ്ട് പല വിഭാഗങ്ങളുണ്ട് പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരു അനീമിയാണ് ഡബ്ല്യു ബി സി കൂടുകയോ കുറയുന്നതോ ചെയ്യുന്നത് അനീമിയയുടെ പട്ടികയിലാണ് പ്രാചീന ആയുർവേദ സംജ്ഞകൾപ്പെടുത്തിയിരിക്കുന്നത് ഹീമോഗ്ലോബിൻ കുറയുന്നതും പണ്ടുതയാണ് ഹീമോഗ്ലോബിൻ കുറയുകയോ െ ദിപ്പിക്കാൻ കഴിയാതെ അത് വേറിട്ട് രക്തത്തിൽ കലരുകയാണെങ്കിൽ അത് മറ്റൊരു പാണ്ഡുതയുടെ ലക്ഷണമായി ചിലരെ കണ്ടാല് കറുപ്പടിച്ചവരായി കാണാം പെട്ടെന്ന് അവരിലെ ഫർത്തിന്റെ അളവ് കൂടുന്നതാണ് സിറം ഫർത്തിന്റെ അളവ് പെട്ടെന്ന് കൂടുന്നതാണ് അപ്പൊ ഇന്ന് രക്തം കൊണ്ടുപോയി പരിശോധിച്ച് നിർണ്ണയിക്കാം പണ്ട് എങ്ങനെ നിർണയിച്ചു എന്നത് എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ അല്ല ഇനി ഇന്നുപോലെ കറുത്ത പാട് കാണുന്നതല്ല ഇതാണെന്ന് ഞാൻ ചെയ്യിക്കരുത് പണ്ടുതയിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കാണുമ്പോൾ അത് നോക്കുമ്പോൾ സമർത്ഥനായൊരു പിശഗ്വരൻ ആധുനിക വൈദ്യശാസ്ത്രത്തിലായാലും പൗരാണിക വൈദ്യശാസ്ത്രത്തിലായാലും പൗരാണിക വൈദ്യശാസ്ത്രജ്ഞനായ ഒരു പിശഗ്വരനാണെങ്കിൽ നിങ്ങളെ നോക്കിയിട്ട് ഇന്ന് മുതൽ പാവക്ക കൂട്ടണ്ട വഴുതനങ്ങ കൂട്ടണ്ട ഇലക്കറികളിൽ മുരിങ്ങ മുതലായവയുടെ ഇലകൾ ചീരാ മുതലായവയുടെ ഇല ഉപയോഗിക്കേണ്ട ആ ഇലക്കറികളൊന്നും ഉപയോഗിക്കേണ്ട കാരണം അവയിലൊക്കെ ഇരുമ്പ് കൂടുതലുണ്ട് ഇരുമ്പുള്ള സാധനങ്ങൾ കൂടുതൽ ശരീരത്തിൽ ഇനി ചെല്ലണ്ട രക്തത്തിൽ ഇരുമ്പ് വേറിടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അവർ പറയും അവരുടെ ഭാഷ ഏതാണ് ആധുനികനാണെങ്കിൽ കണ്ടു കഴിയുമ്പോഴേ ഉടനെ പോയി സിറം ഫർട്ടിൻ ടെസ്റ്റ് ചെയ്തു വരാൻ പറഞ്ഞു സിറം ഫർട്ടിൻ ടെസ്റ്റ് ചെയ്തു ഫർട്ടിന്റെ അളവ് വളരെ കൂടുതലാണ് വളരെ കൂടിയിരിക്കുന്നു ഇനി വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അവർ പറയുന്നത് ഇത്രയൂടെ വ്യത്യാസം മറ്റവരത് പാണ്ഡു എന്ന് പറയുന്ന വിഭാഗത്തിലെ കളികളായി രക്തത്തിന്റെ വികൃതികളും വികാരങ്ങളുമായി കാണും അതിലെ വികാരങ്ങൾ തന്നെ രക്തത്തിലേക്ക് പിത്തസ്രവങ്ങൾ കലർന്നിട്ട് വരുന്ന പലതരം പിത്ത അതിൽ തന്നെ കാമരാവിഭാഗങ്ങൾ തൊക്കിൽ കാണുന്ന വിളർച്ച പാണ്ഡുതയുടെ ഒരു ലക്ഷണമാണ് അത് ത്വക്കിനെ എങ്ങനെ ബാധിക്കും പാണ്ഡുത വന്നാൽ കണ്ണിനെ എങ്ങനെ ബാധിക്കും കണ്ണിന്റെ തടം കണ്ണു വതുക്കത്താക്കി നോക്കിയാൽ അതിനകത്ത് രക്ത വിളർച്ച കാണും മനസ്സിലായില്ല അപ്പൊ അതെങ്ങനെയാണത് മറ്റ് അവയവങ്ങളിൽ കാണുന്നത് പാണ്ഡുത കൂടുമ്പോ ഹൃദയത്തിന്റെ ത്തിന്റെ ആഭരണകലയിൽ ജലസഞ്ചയം ഉണ്ടാവും അത് ഏഴാമത്തെയും എട്ടാമത്തെയും എലിന്റെ ഇടയിൽ നിന്ന് ത്രികൂർച്ഛശസ്ത്രം കൊണ്ട് ചോർത്തിക്കളയണമെന്ന ഭൈഷജ്യരത്നാപരീകാരൻ സ്ത്രോയത്തില് ഓരോ ഗ്രഹത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എഴുതിയ പുസ്തകമൊന്നുമല്ല ആധുനിക വൈദ്യന്മാർ ചെയ്യുന്ന പണിയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോ നിങ്ങക്ക് പോയി പുസ്തകം റെഫർ ചെയ്യാം വൈശഞ്ചി രത്നാവലി ചർ ഉരോഗ്രഹം അതിൽ ഉരസ്തോയലക്ഷണം തെരവ് കേട്ട അറിയാം ഉരസിൽ തോയം വെള്ളം എന്നറിയുന്നത് അതിനുള്ള ചികിത്സക്കുള്ള ഔഷധങ്ങളുണ്ട് കൂടാതെ ഇത് ചോർത്തുന്ന വഴിയുണ്ട് ഇത് അതില് സെയിന്റ് വിച്ചു ഡാൻസ് എന്നു ആധുനികർ പറയുന്ന രോഗത്തെ അവിടെ പടിഞ്ഞാറൻ നാട്ടില് വിച്ചുവിന്റെ അർത്ഥമാണെങ്കിൽ സെയിൻ വിച്ചു ഡാൻസ് കണ്ടിട്ടുണ്ടാവില്ല ചില രോഗികള് കൊറിയ വെൽസ് ഡിസീസ് പാർക്കിൻസോണിസം ഡിസ്റ്റോണിയാഡിയോസ്കൈനേഷ്യ ഇങ്ങനെ ഈഷ് ഭേദങ്ങളിൽ കുറേയധികം രോഗങ്ങളുണ്ട് ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ താണ്ടവരോഗം വന്നവെ ഈ ഭക്ഷ്യാവലിയും നിങ്ങൾക്ക് കാണാം താണ്ടവവും നൃത്തമാണെന്ന് നിങ്ങൾക്കറിയാം കാരണം നൃത്തം പഠിച്ചിട്ടല്ലാതെ നൃത്തം ചെയ്യുകയാണ് രോഗി ചെയ്യുന്നത് മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ മൂവിയും ഡാൻസ് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം വിളിക്കുക കാരണം ഭാവാതീതാവസ്ഥയില് സേന്വിച്ചു വീട്ട് അദ്ദേഹം അന്ന് ഭക്തനായി കാണിച്ചൊരു നൃത്തമുണ്ട് അതാണ് രോഗി ചെയ്യുന്നതെന്നാണ് കല്പന അപ്പോ അതുപോലെ പ്രാചീന കാലത്ത് എങ്ങനെയാണ് രോഗം കണ്ടുപിടിച്ചത് മാത്രം എന്നോട് ചോദിച്ചേക്കരുത് അന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉത്തരം എനിക്കറിയില്ല അതുകൊണ്ട് ഡി ഡി ഖുസാംബി മജ്വുദാർ രാഹുൽ സാങ്കൃത്യനൻ ഇവർക്കൊക്കെ കൃത്യമായി അറിയാം അന്ന് ഈ ഇവർക്ക് അവർ കഞ്ഞിവെച്ചു കൊടുക്കാൻ അവരുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത് അതുകൊണ്ട് ഈ പ്രാചീനതയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കുറിച്ച് പഠിക്കാൻ പോവോ ഇങ്ങനെ അവിടെ കാണാം ഏതായാലും അതല്ലാതെ എങ്ങനെ അവർ കണ്ടുപിടിച്ചോ അതിന്റെ ഉപകരണം ഒന്നും യാതൊരു നിശ്ചയമില്ല ഇന്നത്തെക്കാൾ കൂടിയ സങ്കേതങ്ങളൊന്നും ഉണ്ടായിരുന്നുവോ കണ്ടുപിടിക്കാൻ അതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ അവര് ഇന്നുള്ളവൻ ചിന്തിക്കാത്ത രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും അത് അർബുദ രോഗം ഏറ്റവും പ്രാധാന്യമുള്ളത് അർബുദത്തിലെ ഒരു വിഭാഗം അർബുദം എന്ന് പറഞ്ഞ ആയുർവേദ ഗ്രന്ഥം പഠിച്ചിട്ട് ആ മരുന്ന് ഏതെങ്കിലും താടിയോലയിൽ നിന്നോ സുശ്രുതത്തിൽ നിന്നോ ചരകത്തിൽ നിന്നോ വാഗ്മണന്റെ അഷ്ടാംഗ ഹൃദയത്തിൽ നിന്നോ മുമ്പ് പറഞ്ഞ വൈശജ്യരത്നാവലിയിൽ നിന്നോ ചക്രവാണിയുടെ ചക്രതത്വത്തിൽ നിന്നോ ഒക്കെ എഴുതിയെടുത്തുകൊണ്ടെന്ന് മരുന്ന് കൊടുത്താൽ പലപ്പോഴും ഇന്ന് ക്യാൻസറിന് ആധുനിക വൈദ്യശാസ്ത്രം ഔഷധം കൊടുക്കുന്നത് പോലെ മറിച്ചതിന് ഇത് ഏത് അവയവത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന രോഗങ്ങളുടെ കായ ചികിത്സാക്രമങ്ങൾ ഏത് അധ്യായത്തിൽ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അവിടെ ഒരു ഔഷധത്തെ എടുക്കുമ്പോ ആ അവയവത്തിന് കേടുവരാതെയും അവയവത്തിനെ സംബന്ധിച്ചിരിക്കുന്ന വാധികം പൈത്തികം കവചം തുടങ്ങിയ വികാരങ്ങളെ മാത്രം ഉച്ചാടനം ചെയ്യുന്ന വിധത്തിൽ ഇതര അവയവങ്ങളുടെ ഘടനാവൈചിത്രങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാതെ ഒക്കെ വേണമെന്നുള്ള ശാസന വൈദ്യജന്യ രോഗങ്ങളിലേക്ക് വഴുതി മാറാതിരിക്കേണ്ടുന്നതിന്റെ ആവശ്യകത രോഗങ്ങളിലധികവും അധികവും വൈദ്യജന്യ രോഗങ്ങളാണ് അധികവും വൈദ്യജന്യ രോഗങ്ങളാണ് അയാട്രോജനിക് ഡിസീസസ് വളരെ വിപുലമായൊരു പഠനമാണ് ഇപ്പൊ അതിലേക്ക് തൊട്ടാൽ നമ്മളും വല്ലാത്തവരുടെ അടുത്തെത്തും കാരണം സോഷ്യൽ അയാട്രോജനിക് കൾച്ചറൽ അയാട്രോജനിക് ക്ലിനിക്കൽ അയാട്രോജനിക് ഇങ്ങനെയൊക്കെ വേദിച്ച് പഠിക്കാം നമ്മൾ ഒരിക്കലും എടുത്തതാണെന്ന് തോന്നുന്ന ഉദ്രോ എഴുതും ഏ ഏ സൂചിപ്പിക്കല്ലോ നമ്മൾ വളരെ ഡെപ്തിൽ എടുത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം ഏ സോഷ്യൽ അയാട്രോജനിക് ക്ലിനിക്കൽ അയാട്രോജനിക് ഈ മൂന്നെണ്ണം എങ്കിലും അറിയേണ്ടതാണ് വളരെ വിസ്തൃതമാണ് മൂന്നൊന്നും അല്ല ഇതിൻ്റെ ഉപവിഭാഗങ്ങളിലും എന്ന മറ്റേ പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് ആയിട്ട് വികസിക്കും ഒരു സമൂഹത്തില് ഭയം ഉളവാക്കുന്ന വിഷഗ്വര പ്രമാണിമാർ രോഗത്തെ കുറിച്ചുള്ള അറിവ് മാധ്യമങ്ങളിലൂടെ കൊടുക്കുമ്പോൾ സമൂഹത്തിനാകെ ആ വൈദ്യന്റെ ആ വിഷഗ്വരന്റെ അറിവിലൂടെ ഉളവാകുന്ന ഭയം ഉൽപ്പാദിപ്പിക്കുന്ന ഹിസ്റ്റമിനുകളും ഭയം ഹേതുവായി അയാളുടെ അവയവങ്ങളിൽ ഉണ്ടാകുന്ന പരിണാമങ്ങളും അത് ഏതുവായി അയാളിൽ വരുന്ന അന്ധസ്രാവികൾ ശ്രമിപ്പിക്കുന്ന ശ്രവങ്ങളും അത് എവിടെയെങ്കിലും നിന്ന് കേട്ടറിഞ്ഞ് വായിച്ചറിഞ്ഞ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് അതിൻ്റെ അറിവുകൾ വീട്ടിൽ വന്ന് ചർച്ച ചെയ്ത് അത് മറ്റൊരിടത്തിരുന്ന് ചർച്ച ചെയ്ത് അത് സോഷ്യലായൊരു രീതിവിധാനമായി മാറുമ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു രോഗിക്ക് രോഗം ഇത് തന്നെയാണെന്ന് അറിയുമ്പോൾ അവന്റെ മൃത്യു കഴിഞ്ഞു എന്ന് തോന്നുന്ന ഈ ബന്ധു തോന്നുന്ന ശത്രു തോന്നുന്ന മകൻ മകൾ മുതലായ സമൂഹ ജീവികൾ അവിടെ ചെന്നിരുന്ന് വിലപിക്കുകയും കാണുകയും അതിനെ സങ്കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ സങ്കൽപ്പങ്ങളിലൂടെ മൃത്യുവിലേക്ക് അവൻ രോഗം കൊണ്ടോ ആതുരത കൊണ്ടോ അല്ല സോഷ്യൽ അയാട്രോജനിക്ക അറിഞ്ഞില്ലേ നമ്മുടെ മഹത്തായിയെ ലേ ഷോറിൽ അഡ്മിറ്റ് ചെയ്തു സു കാണാൻ പോയില്ലല്ലോ വലിയ ദിവസമൊന്നും ഉണ്ടാവില്ല ഒന്ന് ക്യാൻസറാ മക്കളോടി മരുമക്കളോടി അമേരിക്ക ആളുകൾ വന്നു ഇംഗ്ലണ്ടിൽ വന്നു മക്കളും ബന്ധുക്കളും ഒക്കെ എല്ലാവരും കാണാൻ ചെന്നു എല്ലാവരുടെയും മുഖത്തെ വൈകല്യമൊക്കെ അവൻ്റെ വന്നവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് പഠിച്ചു അതിനിടയ്ക്ക് ഏർ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഓടിച്ചു എൻ്റെ മത്തായി ചുന്ന് വിളിച്ചു ഒന്ന് നിലവിളിച്ചു ഇത്രയൊക്കെ ആയപ്പോൾ മത്തായി തീരുമാനിച്ചു കർത്താവ് ദിവസം തീരുമാനിച്ചു കഴിഞ്ഞു അതുവരെ സുഖമായി വർത്തമാനം പറഞ്ഞ മത്തായിയുടെ സ്വരം വേദന ശരീരമാകെ വ്യാപിച്ചു മത്തായിയുടെ അന്തസ്രാവികൾ അവനെ കൊല്ലുവാൻ പര്യാപ്തങ്ങളായ അവൻ സങ്കല്പിക്കുന്ന സ്രവങ്ങളെയെല്ലാം തള്ളിവിടാൻ തുടങ്ങി ആന്തരിക അവയവങ്ങളുടെ കെട്ടുകൾ അയഞ്ഞു മത്തായി സമയമാമൃതത്തിൽ യാത്ര തുടങ്ങി ജീവനോടെ മനസ്സിലായില്ല ഇപ്പോഴും മനസ്സിലായില്ല സുഷ്യലയാ ഇതിന് സോഷ്യൽ അയാട്രോജനിക് എന്ന് പറയും അന അനേകം പേരുടെ മരണങ്ങൾ കണ്ട കൾച്ചർ സംസ്കാരം എൻ്റെ അമ്മ ക്യാൻസർ വന്നാ മരിച്ചു അമ്മൂമ്മയ്ക്കും അതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്തില്ല പക്ഷെ ഇതുപോലൊരു മൊഴയെ അവിടെ വന്നാ മരിച്ചു എനിക്കൊരു അമ്മാവൻ ഉണ്ടായിരുന്നു അങ്ങേര് മരിച്ചതും എന്റെ മൂത്ത സഹോദരൻ ഈയിടെ മരണപ്പെട്ടത് കൃത്യമായി പറഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ സൂചനയുണ്ട് അപ്പോൾ അവന്റെ സംസ്കാരത്തിൽ ഒരു ഭീതിയുണ്ട് ഈ രോഗത്തെ ആനയിക്കുന്ന ഒരു ഭീതി കൾച്ചറൽജനിക് സോഷ്യൽ കൾച്ചറൽ ഡോക്ടർ ആദ്യം നോക്കി ക്യാൻസർ ആണെന്ന് തീരുമാനിച്ചു പോയി സി എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു സിറം സി ആദ്യം മൂത്രം ഒന്ന് പരിശോധിച്ചു എപ്പിത്തീരിയൽ സെൽസ് കൂടുതലുണ്ടോ എൽ സെൽസ് ക്രമാതീതമായി കൂടുതൽ ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളായി ബ്ലഡില് അപ്പോ അതുണ്ടോന്ന് നോക്കിയപ്പോ ഇല്ല മൂത്രത്തിലൊന്നും കണ്ടില്ല പക്ഷെ ഡോക്ടർ നേരത്തെ തീരുമാനിച്ചു ഇതാണ് എനിക്കൊരു ശങ്കയുണ്ടെന്ന് ബന്ധുവിനെ വിളിച്ചു പറഞ്ഞു ബന്ധുവിന്റെ മുഖം അപ്പോഴേ കൾച്ചറലും സോഷ്യലും കൊണ്ട് വളരെ അടുത്ത ബന്ധുക്കളിൽ ചിലരോട് ഞാൻ അമ്മയെ അറിയിച്ചിട്ടില്ല അച്ഛനെ അറിയിച്ചിട്ടില്ല ഞങ്ങൾ ആൺമക്കള് തമ്മിലറിഞ്ഞു എൻ്റെ അനിയനോടൊക്കെ പറഞ്ഞു വേറെ ആരും അറിഞ്ഞിട്ടില്ല അനിയൻ രാത്രിയിലെ കൂടെ ഭാര്യയോട് പറഞ്ഞു വേറെ ആരും അറിഞ്ഞിട്ടില്ല അനിയൻ്റെ ഭാര്യ അത് ഇവരെല്ലാവരും വേറൊരാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് മിക്കവാറും എല്ലാരോടും പറഞ്ഞു ഇപ്പറിയാത്തൊരാളെ ഉള്ളു രോഗി എന്നാണ് എല്ലാവരും പറഞ്ഞ് ഭരിപ്പിക്കുന്നത് നന്നായി അറിഞ്ഞത് ഇപ്പൊ രോഗി മാത്രമാണ് ഇവരുടെയൊക്കെ ഭാവ ഭാവാദികളിൽ നിന്ന് രോഗി ഉത്കണ്ഠപ്പെടുമ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ഫെയിലാണ് എപ്പിത്തിലിയൽ സെൽസ് ഇല്ല രണ്ടാമത് വീണ്ടും നോക്കി സിറം സി എ സി എ ഒക്കെ നോക്കി അതിലൊന്നും മാറ്റമില്ല രോഗി പുരുഷനാണ് പ്രോസ്ട്രൈറ്റിലെങ്ങാനും ഇനി കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് അറിയാൻ പി എസ് ചെയ്യുന്നു ഇല്ല ഇതിലൊന്നും അർബുദ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറയാവുന്ന ഒരു തെളിവും കിട്ടിയില്ല എന്നാലും ഡോക്ടർ നിശ്ചയിച്ചു ഇത് അർബുദമാണ് സംഭവം ഇറ്റ് ഇസ് ക്യാൻസർ ബന്ധുക്കളോടൊക്കെ നേരത്തെ പറഞ്ഞു ഇനി ഡോക്ടർക്ക് ഇത് അങ്ങനെ അല്ലാന്ന് കണ്ടെത്തിയാൽ അത് തൻ്റെ ഇത്രയും കാലത്തെ അറിവിന് മുമ്പിലെ ചോദ്യമാണ് ഇപ്പോ ഒരു യു എസ് എടുക്കാൻ പറഞ്ഞു അതിലും ഒന്നും കിട്ടിയില്ല സി എടുക്കാൻ പറഞ്ഞു കിട്ടിയില്ല ഒരു എം ആർ ഐ എടുക്കാൻ പറഞ്ഞു ആദ്യൊന്നും ഒരു ലക്ഷണവും കിട്ടിയില്ല ഇതിനിടയിൽ കുറേ മരുന്നുകളും ഒപ്പം ഈ അറിവും ഇയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക കുറച്ച് തവണത്തെ എടുപ്പിന് ശേഷം ഞാൻ ഒന്ന് റെഫർ കാരണം ഇത്രയൊക്കെ നോക്കിയില്ലേ ഇന്നിടത്ത് പോയൊന്നും നോക്ക് എന്ന് പറഞ്ഞ് മോളിലുള്ള ഒരാൾക്ക് റെഫറൻസ് അവിടെ ചെന്ന പയൽ ഇതെല്ലാം ഒന്നുകൂടെ ആവർത്തി വിശ്വസിച്ചാൽ മതി ഉപകരണങ്ങളെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഉപകരണങ്ങൾ ഒരിക്കൽ തന്നതിനെ വിശ്വസിച്ചാൽ മതി മൂന്ന് കൊല്ലം നിരന്തരമായി ഓടിയപ്പോൾ മൂന്നാമത്തെ കൊല്ലം ഒരു ലക്ഷണം കിട്ടും ദിസ്ഇസ് ക്ലിനിക്കൽ വൈദ്യൻ താൻ നിശ്ചയിച്ച പാതയിലേക്ക് രോഗിയെ കൊണ്ടുപോയി രോഗം അതാക്കിയെടുക്കുന്ന പ്രക്രിയ വൈദ്യശാസ്ത്രജ്ഞന അത്രയൊക്കെ നല്ലപോലെ വികസിച്ചിട്ടുണ്ടാവുകൊണ്ട് അതിനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല അപ്പൊ ക്ലിനിക്കൽ അയാട്രോജനിക് സോഷ്യൽ അയാർട്രോജനിക് കൾച്ചറൽ അയാട്രോജനിക് ഇങ്ങനെ വളരെ വിപുലമായ ഒരു ശാഖയായിരുന്നു ഞാൻ അല്പം മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാം ഇവ സംജാതമാകുന്നതും സമഗ്രമായി മാനവ ശരീരത്തെയും മാനവ മനസ്സിനെയും മാനവചിത്തെയും ബുദ്ധിയെയും അഹന്തയെയും ഒന്നും നോക്കാത്തതുകൊണ്ടാണ് അപ്പൊ ഏതെങ്കിലും ഒരവയവത്തിന് സംഭവിക്കുന്ന ജീർണത മറ്റൊരു അവയവത്തിൽ സംഭവിക്കുമ്പോൾ ആ അവയവങ്ങളുടെ വൈചാത്യത്തെ അവലംബിച്ച് നടത്തേണ്ടുന്ന പഠനങ്ങളുടെ അപര്യാപ്തതയിൽ ആ അവയവങ്ങളുടെ ധർമ്മത്തെ അവലംബിച്ച് നടത്തേണ്ടുന്ന പഠനങ്ങളുടെ അപര്യാപ്തതയും ആ അവയവങ്ങൾ ഏതേത് തരം കോശങ്ങളാൽ നിർണയിച്ചിരിക്കുന്നു ആ കോശാന്തര വ്യാപാരത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തേണ്ടുന്ന പഠനങ്ങളുടെ അപര്യാപ്തതയുമെല്ലാം ഇന്ന് ശാസ്ത്രരംഗത്ത് വളരെ പ്രാധാന്യം അറിയിക്കേണ്ട വിഷയങ്ങളാണ് പക്ഷെ അവയ്ക്കൊക്കെ വ്യാവസായിക പ്രാധാന്യം കുറവാണ് ഇവിടെയാണ് പ്രാചീന രൂപ നൽകിയത് ഇതാണ് രണ്ടും തമ്മിലുള്ള അർത്ഥം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കിത് ഭാവനയിൽ എങ്കിലും എകൃത്തിന് കുറെ ധർമ്മങ്ങളുണ്ട് എതിർത്ത ലിവർ പ്ലീനിന് കുറെ ധർമ്മങ്ങളുണ്ട് പ്ലീഗ മാരു കുറെ ധർമ്മങ്ങളുണ്ട് ബോൺമാരു ഹൃദയത്തിന് കുറെ ധർമ്മങ്ങളുള്ളൂ പേശികളാൽ നിർമ്മിച്ചിരിക്കുന്ന ഹൃദയത്തിൻ്റെ പേശികളുടെ പ്രത്യേകതയും കൈയുടെസിലുള്ള പേശികളുടെ പ്രത്യേകതയും ഒന്നല്ല മനസ്സിലാവോ പേശിയാണല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവയില് ഒരു പുഴയുണ്ടാകുമ്പോൾ ഒരു ജീർണത സംഭവിക്കുമ്പോൾ അവയിലൊരു പരിണാമം ഉണ്ടാകുമ്പോൾ ആ പരിണാമത്തിന്റെ സാധാരണ മാത്രം ചിന്തിച്ചാൽ മതിയോ പരിണാമവിധേയമായ കലകളുടെ പ്രത്യേകതകളും ആ കലകളുടെ ഭാവ ആവാദികളും കൂടി ചിന്തിക്കേണ്ടതുണ്ടോ ഒരാളിൻ്റെ ഷുഗർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു നമ്മൾ എടുത്താണെന്ന് ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഷുഗർ ഗോപാലന്റെ ഷുഗർ രാവിലെ ടെസ്റ്റ് ചെയ്തു ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഗോമതിയുടെ ഷുഗർ ടെസ്റ്റ് ചെയ്തു അത് മുന്നൂറ്റി ഇരുപത്തഞ്ചുണ്ട് മത്തായിയുടെ ഷുഗർ ടെസ്റ്റ് ചെയ്തു അത് നൂറ്റി എൺപത്തിയാറ് ഉണ്ട് ഇവരെല്ലാം നമ്മുടെ ദൃഷ്ടിയിൽ പ്രമേഹ രോഗികൾ തന്നെയാണ് മനസ്സിലായില്ല ഇവർക്ക് എല്ലാവർക്കും ഒരൗഷധം വാങ്ങി ഒരാളിന് കുറച്ചു കാലം ഒരു ഔഷധം കൊടുത്തപ്പോൾ അയാളുടെ കിഡ്നി തകരാറായി ഇപ്പം ഡയബറ്റിക് നെഫറോപ്പതിയായി മറ്റൊരാളിൽ കിഡ്നിക്ക് ഒരു കേടുമൊന്നില്ല എത്ര ഔഷധം കൊടുത്തിട്ട് അയാളുടെ ലിവർ തകരാറിലായി മൂന്നാമതൊരാളിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കെ അയാളുടെ കണ്ണ് തകരാറില്ലായി പാങ്കരിയാസിൻ്റെ അറ്റത്തെ അതിൽ വന്നിരിക്കുന്ന രോഗവും അതിന് കൊടുത്തിരിക്കുന്ന ഒരൗഷധവുമാണെങ്കിൽ ഈ വ്യതിയാനങ്ങൾ മനസ്സിലാവുമോ പിടികിട്ടുന്നില്ല എന്നാണ് എനിക്ക് അപ്പം ഒരു തന്റെ കണ്ണാണ് പോരിക്കുന്നത് കണ്ണും പ്രമേഹവുമായി ബന്ധമുണ്ടാവണം ഒരു നടക്കാൻ പറ്റില്ല നെറവുകൾക്കാണ് തളർച്ച ഒന്നും എടുക്കാൻ പറ്റില്ല കയ്യിൽ നിൽക്കുന്നില്ല ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് നെഫറോപ്പതി ഇവയിലേക്കൊക്കെ ഇവ കൈവിരിച്ചു പരക്കുമ്പോൾ ഇത് പ്രമേഹം കാണിച്ച അവസ്ഥയിൽ ഇൻസുലിൻ്റെ ഉൽപാദനം കൊണ്ടുവന്ന പ്രമേഹ ലക്ഷണമോ വൃക്കയുടെ അരിപ്പയുടെ തകരാറ് കൊണ്ടുവന്ന പ്രമേഹ ലക്ഷണമോ ഈ എകിർത്തിന് ഗ്ലൂക്കോസ് സൂക്ഷിച്ചു വെക്കുവാനുള്ള ടോളറൻസ് ഇല്ലാതെ വന്നിട്ടുണ്ടായ പ്രമേഹമോ ഈ റിയാനും അവയെ സമഗ്രമായി കാണുവാനും അവ രക്തചംക്രമണ വ്യവസ്ഥയെ കൊണ്ടുപോകുന്ന ഹൃദയത്തോട് ചേർത്തു വെച്ച് പഠിക്കുവാനും ഇടയാക്കുമ്പോൾ ഹൃദയവും എതിർത്ത് അല്ലെങ്കിൽ ലിവറും വൃക്ക അല്ലെങ്കിൽ കിഡ്നിയും പാങ്കരിയാസ് അല്ലെങ്കിൽ അഗ്നിയാശയവും അതില് ദഹിപ്പിക്കുന്നതിന് രസത്ത നൽകുന്ന പിത്താശയവും ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയും അതോടൊപ്പം ഇവയെല്ലാം ഒരു ധർമ്മത്തിലേക്ക് കൊണ്ടുപോകുന്ന അവന്റെറ്ററിയും അതിൻ്റെ തൊരിക്കൽ പ്രക്രിയയിൽ പങ്കാളിയായിത്തീരുന്ന അട്രീനലും റിയർ അട്രീനലും അവയുടെ വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളും ചേർക്കാതൊരു ഔഷധത്തെ മാത്രം അവലംബിച്ച് ബാഹ്യമായി അവൻ ഒരു പക്ഷേ ആ ധർമ്മങ്ങളിൽ രക്ഷപ്പെട്ടിരിക്കുവാൻ ഈ അവസ്ഥയിൽ രക്തത്തിൽ കൂടുതൽ പഞ്ചസാരയെ വിട്ടുകൊടുത്തുകൊണ്ടോ മൂത്രത്തിലേക്ക് പഞ്ചസാരയെ വിട്ടോ ആണ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ താൽക്കാലികമായി സമഗ്രമായ ശരീരം തയ്യാറാകുന്നതെങ്കിൽ ആ ധർമ്മത്തിലാണ് ചികിത്സിക്കേണ്ടത് എന്നതിനു പകരം കർമ്മരംഗമായ ഭാഗ്യത്തിലെ ചികിത്സ ആ ധർമ്മത്തെ സമൂലമായി തകർക്കുവാൻ പര്യാപ്തമാകുമോ എന്ന് ചിന്തിക്കുവാനുള്ള ഒരു പരിഷ്കാരത്തിലേക്ക് വൈദ്യശാസ്ത്രം ഇനിയും വളർന്നു കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത് ആവോ ഒത്തുവാൻ പറ്റുന്നുണ്ടാവോ ആവോ എവിടെയോ ഒരിടത്ത് നടക്കുന്ന ഒരു റിസർച്ച് ആരോ ഒരാൾ ഞാനല്ലേടി അതിൽ ചെയ്തു പറയുന്നു ഇൻ വിവോയില് അതിന്റെ സ്റ്റേജസ് എല്ലാം വെച്ച് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എല്ലാം വെച്ച് പഠിച്ചു എന്ന് അവകാശപ്പെടുന്നു ഇൻ വിട്രോയിൽ അതിൻ്റെ പരിണാമങ്ങളെല്ലാം പഠിച്ചു എന്ന് അവകാശപ്പെടുന്നു അങ്ങനെ കണ്ടെത്തി എന്ന് അവകാശപ്പെടുന്ന ഒരു സാധനം പൂർണ്ണമായി എത്തിയാൽ ആഗോള വ്യാപകമായി അതിനെ വ്യത്യസ്ത ഋതുക്കളിൽ പരീക്ഷണം നടത്തിയത് ഒരു ഋതുവിലാണെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് ഇതര ഋതുക്കളിൽ പരീക്ഷണം നടത്തിയത് ഭൗമാന്തരീക്ഷത്തിലെ ഒരു പ്രത്യേക രേഖാംശത്തിനും അക്ഷാംശത്തിനുമൊക്കെ ഇടയിലുള്ള ദേശത്താണെങ്കിൽ വേറൊരു ദേശത്ത് ഒരു പ്രത്യേക തരം ആഹാരം കഴിച്ച് അതിൻ്റെ സംസ്കൃതി നിലനിർത്തിയവരിലാണ് പരീക്ഷണമെങ്കിൽ എല്ലാം മനുഷ്യരാണെന്നുള്ള നിലയിൽ അതിൽ നിന്ന് ആഹാര വ്യവസ്ഥകളുള്ള ഒരു വ്യത്യസ്ത സംസ്കൃതിയിൽ മനസ്സിലാകുന്നില്ല ഈ സാധനത്തെ കുഴിച്ചു കൊടുക്കുക മാത്രം ചെയ്യുമ്പോൾ അവയെല്ലാം വിഴുങ്ങുന്നവനോ കൊടുക്കുന്നവനോ കൊടിക്കാൻ നിയമമുണ്ടാക്കിയവനോ മാനവചേതനയുടെ സുതാര്യങ്ങളും സൂക്ഷ്മങ്ങളും അന്തരേന്ദ്രിയങ്ങളുമായ തലങ്ങളിൽ ഒന്നിനെ പോലും ഉൾക്കൊള്ളുകയോ പഠിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളത് അവിവേകമായി എടുക്കുമോ എന്ന് എനിക്കറിയില്ല ഇവിടെയാണ് പ്രാചീനനും ആധുനികനും തമ്മിലുള്ള അന്തരം സ്പഷ്ടമായ അന്തരം ഇപ്പൊ ഈ രോഗത്തെ നമ്മൾ ക്യാൻസർ അല്ലെങ്കിൽ അർബുദം വന്ന രോഗത്തെ പഠിക്കാൻ പോകുമോ അതിന്റെ ഉപോത്ഘാതത്തിൽ ആമുഖം വരുമോ പ്രാചീന ഗ്രന്ഥങ്ങളെടുത്ത് കൃത്യമായി അർഭുതം എന്ന് പറഞ്ഞിങ്ങനെ വില വിച്ഛേദിച്ച് അങ്ങനെ എന്താ കാണുന്നു രക്ത വിവൃതികളിൽ വരുന്നത് പാണ്ഡുതയോട് കാമലയോട് വൈത്തിക വികാരങ്ങളോട് ചേർത്ത് വെച്ച് കണ്ടുവെങ്കിൽ സിറോസിസ് ഉദരമാണ് സുലറോസിസ് അവിടെ ലിവറിനുണ്ടായിരുന്ന അർബുദവും ഉദരത്തിൽ തന്നെയാണ് പെടുത്തി പോകുന്നത് അല്ലാതെ തന്നെ ക്യാൻസറിന്റെ പട്ടികയിൽ കൊണ്ടപ്പെടുത്തിയല്ല പോകുന്നത് ജലോദരം മഹോദരം ജകൃതുതരം പ്ലേഹോദരം ഇങ്ങനെയൊക്കെ ഉദരം വിസ്തൃതമായ ഉദരമഹാരോഗവുമാണ് ഉദര മഹാരോഗവുമാണ് ആയുർവേദത്തിൽ ഉദരം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ അറിയാൻ വയ്യാത്ത ഒരു നാട്ടിൻപുറത്തുകാരിയും വിദ്യാഭ്യാസം ഇല്ലാത്തവളുമായ ഒരമ്മയെ എഴുത്താൻ പോലും ഒരാൾ പോലും അതറിയാൻ വയ്യാത്തതില്ലായിരുന്നു എന്നുള്ളതാണ് പ്രാചീന ഗുണം വൈദ്യശാസ്ത്രം എത്രത്തോളം നാട്ടിൻപുറങ്ങളിലെ ഗ്രാമതലങ്ങളിലെ അജ്ഞരായ അമ്മമാരുടെ ഉള്ളിൽ വരെ എത്തിയിരുന്നു എന്ന് നോക്കിയാൽ കാണാം പുരോഗമിച്ച് നിങ്ങളെ ശതമാനം പേരെയും കൊണ്ടുപോയി ഒരു സ്കാനറിന് മുൻപിൽ നിർത്തിയാൽ നിങ്ങളുടെ ഒക്കെ ലിവർ തടിച്ചിട്ടുണ്ട് ഫാറ്റി ലിവർ എസ് ഡിഒറ്റിയും ടെസ്റ്റ് ചെയ്ത് കൃത്യമായി അതിന്റെ അളവ് നൂറ്റി മുപ്പതും നൂറ്റി നാപ്പതും ഒക്കെ ആണെന്ന് കണ്ടെത്തിയാൽ പോലും വിഷക്കൂലനാകട്ടെ രോഗിയാകട്ടെ എണ്ണ കഴിക്കുന്നത് നിർത്തുന്നില്ല നെയ്യ് കഴിക്കുന്നത് നിർത്തുന്നില്ല ഉപ്പ് കൂട്ടുന്നത് നിർത്തുന്നില്ല ഇത് കഴിഞ്ഞും ചിക്കൻ അടിക്കുന്നത് ഇത് കഴിഞ്ഞും പോട്ടിയും പൊറോട്ടയും അതിൽ മനസ്സിലായില്ല മറിച്ചില്ല പറ്റില്ല കാരണം ലിവറ് ആണ് ഈ എണ്ണയെ ഈ പാറ്റിനെ മുഴുവൻ രൂപാന്തരപ്പെടുത്തേണ്ട കർമ്മം ചെയ്യേണ്ടത് ആ ലിവര് തകരാറിലായിരിക്കുമ്പോൾ വീണ്ടും ഈ സാധനം ചെയ്യുമ്പോ ചെല്ലുമ്പോ അപകടത്തിൽ അപകടത്തിലേക്കാ പോകുന്നത് ഇപ്പൊ നാട്ടിൻ പുറത്തേരമ്മക്ക് അറിയാം മനസ്സിലായില്ല കുഞ്ഞു മഞ്ഞ നിറത്തിലൊന്ന് മലം വിസർജിച്ചാൽ അമ്മ ഉപ്പിന്റെ ഭരണി മനസ്സിലായില്ല കുഞ്ഞിന്റെ മൂത്രത്തിൽ ചോറിട്ട് മഞ്ഞണറൻ കണ്ടാൽ അവൾ ഉൾപ്പെടുത്തു മാറ്റി വീട്ടിലുള്ളവരെ പ്രത്യേകം കഴിപ്പിച്ച് കൂട്ടി വിട്ട് കുഞ്ഞിന് പഞ്ചസാരയോ മധുര പദാർത്ഥങ്ങളോ ഒക്കെ സൗമ്യമായി കൊണ്ടു നടന്നു കണ്ടിട്ടില്ല നിങ്ങളുടെ വിശഗ്രമാണിമാരെക്കാൾ കോമൺ സെൻസ് വിദ്യാവിഹീനയായി തള്ളിക്കൊണ്ട് അവളെ പുച്ഛിച്ച നിങ്ങൾ ഇന്ന് മക്കളെ തെക്കേപ്പറമ്പിൽ കുഴിച്ചിട്ടോണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഭാഷ എടുത്തു പോയെങ്കിൽ ക്ഷമിക്കുകയാണ് ഇതിൽ കുറച്ച് പറയാൻ എനിക്കറിയില്ല ഇതിലും ചെറുതായി പറയാൻ എനിക്കറിയില്ല അവിടെയാണ് വ്യത്യാസം അന്ന് വൈദ്യനോട് ചോദിച്ചിട്ടില്ല ഈ പത്യാദ്യം അമ്മ നിലനിർത്തുന്നത് ഇന്ന് നിങ്ങളൊരു കുട്ടിയെ കൊണ്ട് വൈദ്യശാസ്ത്രം ആധുനികം തള്ളിക്കഴിഞ്ഞു കൊണ്ടുപോയി ഏതെങ്കിലും ഒരാളെ കണ്ട് കൊടുക്കുമ്പോൾ ആദ്യം പഥ്യനിർണ്ണയം ചെയ്ത് പഥ്യമായ ആഹാരങ്ങളെ കൊടുക്കാവൂ എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് തന്നാൽ നിങ്ങൾ അങ്ങോട്ടിറങ്ങിയിട്ട് തിരിച്ചു വന്ന് അല്പം കൊടുക്കാവൂ രോഗിയല്ല ചോദിക്കുന്നത് അമ്മയോ ഭാര്യയോക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് വെക്കാൻ പറ്റുള്ളൂ പറ്റുകയലാന്ന് കടിപ്പിച്ച് പറയുന്നവനാണെങ്കിൽ പിറുവിറ പറഞ്ഞോണ്ടെങ്ങ് ഇറങ്ങുമ്പോ ആരെങ്കിലും ചോയ് എന്താ എന്തോ പറ്റിയേ എന്തോ ഒരു ദേഷ്യം പിന്നെ മരുന്ന് മനുഷ്യന് കൊടുക്കുമ്പോ വീട്ടിലെ സൗകര്യമൊക്കെ ഓക്കെ ഉണ്ടേ കൊടുക്കാൻ ലിവർ വീട്ടിലെ സൗകര്യത്തിന് നിന്ന് വരുന്നവരവയവല്ല മനസ്സിലായില്ല ഈ കൊച്ചിൻ്റെ എകിർത്ത് അല്ലെങ്കിൽ ലിവർ വിഷക്കൂരന്റെ വാക്കുകൊണ്ടോ ഒക്കെ നമ്മുടെ മര്യാദയ്ക്ക് നിന്ന് തന്നുകൊള്ളണമെന്നില്ല മനസ്സിലായില്ല അപ്പൊ അകത്തേക്ക് വിടുന്ന ആഹാര പദാർത്ഥങ്ങളെ ആ അവയവത്തെ കളയാത്ത വിധത്തിലാക്കുവാനുള്ള ഒരു അറിവ് വിശഭുരൻ പറയാതെ ഇനി ഏതെങ്കിലും കാരണവശൊന്നും പത്തിയമൊന്നും പറഞ്ഞില്ല തൽക്കാലം തന്റെ കഷായവും തന്റെ ലേഹിയുമൊക്കെ ഒന്ന് വിറ്റാ മതി നേരിച്ച് എഴുതി അതിലൊരു ലേഹ്യം എഴുതിയപ്പോൾ അത് നെയ് അമ്മയ്ക്ക് അമ്മേ ചോദിച്ചു ഈ ലേഹ്യം കൊടുക്കാവോ ഇതിൽ കുറച്ചല്ലേ ഉള്ളൂ കുഴപ്പമില്ല അവർ കൊടുക്കില്ല പഴയ ആളാണെ കൊടുക്കില്ല അത് വേണ്ട ബാക്കിയുള്ളവരിച്ചാൽ മതി ഇത് സ്റ്റോക്ക് എടുക്കൽ കച്ചവടമാണ് അവിടുത്തെ സ്റ്റോക്ക് കാരണം അവളവിടെ കുറച്ചുനേരം നില് നിന്ന് നോക്കുമ്പോ ഈ സാധനം കണ്ടുവാനുണ്ട് ഇത് എല്ലാവർക്കും എഴുതിയിട്ടുണ്ട് സ്റ്റോക്ക് തീർക്കൽ ബിസിനസ്സാണ് അപ്പോഴാണ് അവള് പതുക്കെ ഒരു സാധനം മറന്നുപോയി എന്ന് പറഞ്ഞ് കയറി വന്ന കൂട്ടത്തില് പതുക്കെ കയ്യിലെ കുടയോ എന്തെങ്കിലും താഴോട്ട് പോയി വൈദ്യന്റെ പുറകി വീഴും മനസ്സിലായില്ല അപ്പൊ പതുക്കെ കുനിഞ്ഞെടുക്കുന്ന കൂടെ മേശപ്പുറത്തോട്ട് നോക്കും അവിടെ സ്റ്റോക്ക് ലിസ്റ്റിരിപ്പുണ്ട് വേറെ ആരോടും പറയാതെ അവള് തൻ്റെ കുഞ്ഞിനെ ഈ അപകടത്തിൽപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിക്കും മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ ഒരു അമ്മ മക്കൾക്ക് സുഹൃത്തും ഉണ്ടാകണം ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ മനസ്സിലാവോ എന്നറിയില്ല പറയുന്ന ഭാഷയൊക്കെ ഉദരം അത് ക്രമമായി വികസിച്ചു പോകുമ്പോ അതിൽ വന്നു ചാടാവുന്ന രാക്ഷസങ്ങൾ പൈശാഖങ്ങൾ കൃമികൾ ഭൂതങ്ങൾ ഗ്രഹങ്ങൾ എല്ലാ പേരും എനിക്കിപ്പോ മുഴുവൻ കാണാതറിയില്ല അത്യാവശ്യമാണെങ്കിൽ എല്ലാം എഴുതിക്കൊണ്ടു എന്ന് പറയാം ഒറ്റക്ക് നാവെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള പേരുകളിലാണ് സൂക്ഷ്മ ജീവികളെ അവർ പറഞ്ഞിരിക്കുന്നത് അല്ല രാക്ഷസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന പദം പോലെ വലിപ്പുള്ളതല്ല പദം പോലെ സൂക്ഷ്മമായതൊന്നും അർത്ഥം മനസ്സിലായില്ല പിശാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഗ്ന കാണാൻ പറ്റാത്ത ജീവി നമ്മുടെ നഗ്ന കാണാൻ പറ്റാത്തത് രാക്ഷസം നമ്മുടെ നഗ്ന കാണാൻ പറ്റാത്തത് ഗ്രഹം നമ്മുടെ നഗ്ന നേത്രത്തിന് കാണാൻ പറ്റാത്തത് ഭൂതം ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇവ ഉദരവും മറ്റും വരുമ്പോൾ കയറി കൂടും അവയെ ഓടിക്കുന്നതിനുള്ള പദ്ധതികള് ആണ് സുശ്രുതനും മറ്റും രോഗി കിടക്കുന്ന മുറിയിൽ ചെയ്യാൻ പറഞ്ഞിരുന്നത് രോഗിയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുമ്പോൾ അന്ന് ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്ന മുറി പുകയിലും അത് പുകയ്ക്കുമ്പോൾ ആ ജീവികൾ പോകും ശസ്ത്രക്രിയ ചെയ്ത് അവ അത് കൂട്ടി തുന്നാനും മറ്റും എടുക്കുന്ന സമയം അത്ര കൈവേഗമുള്ളവനെ ചെയ്യാവോ താമസിക്കും തോറും ഈ ജീവികൾ എവിടുന്നെങ്കിലും ഓടി വരും അതുകൊണ്ട് സ്പീഡൊക്കെ അവിടെ വളരെ വലിയ കാര്യമാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രാചീന പഴയ കാലങ്ങളിൽ വീടുകളിലൊക്കെ ഇങ്ങനെ പോയിക്കുകയൊക്കെ ചെയ്യും കണ്ടിട്ടില്ല ഇന്ന് വിഷമാ തെളിക്കുന്നത് നാല് പാട് ചൂടാക്കാൻ കാലിൻ്റെ നാലറ്റത്തും വെച്ച് കത്തിലിൽ നിങ്ങൾ കയറി കിടക്കും അതുകൊണ്ട് വേഗം നിങ്ങൾ ഉറങ്ങും എഴുന്നേക്കാൻ താമസിക്കും മനസ്സിലായില്ല കൊതുകിൻ്റെ പരമ്പര നിങ്ങളുടെ വിഷത്തെ അതിജീവിച്ച് കഴിഞ്ഞു അവൻ കുത്തും മനസ്സിലായില്ല നിങ്ങൾക്ക് ചിക്കൻ കുരിയുമുണ്ടാവും കാരണം നാലെണ്ണ അകത്ത് ജീവിച്ചിരിക്കുന്നത് വേഗത്തിൽ നിങ്ങൾ ഉറങ്ങും കണ്ണെരിക്കും കണ്ണിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ സാധനം മനസ്സിലായില്ല പ്രാചീനൻ അയൽപക്കാരെയും തന്നെയും ഒക്കെ ഓർത്ത് മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സംസ്കൃതി നിലനിർത്തിയിരുന്നു ഞാൻ ഞാൻ മാത്രമല്ല അവനും ആ വീടും ഒക്കെ ഞാൻ തന്നെയാണ് എന്നൊരു ബോധത്തിൽ ജീവിച്ചപ്പോ അന്നീ ജീവികളൊന്നും ഇത്ര ആക്രമിച്ചില്ല മനസ്സിലായില്ല പിണ്ടാണ്ടവും ബ്രഹ്മാണ്ടവും തമ്മിലുള്ള ബന്ധവൊക്കെ അതിനറിയണം അത് വിഷയം വേറെയാവും നമുക്കതിലേക്ക് പോകേണ്ട എങ്കിലും സന്ദർഭം വന്നപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അപ്പോ